എട്ട് പ്രവചനവാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയും നമ്മൾ പലപ്പോഴും ഈ പ്രവചനവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രോഫറ്റിക് വേഡ് നമുക്ക് നമ്മൾ പലപ്പോഴും മീറ്റിങ്ങിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നോടങ്ങ് സംസാരിക്കണമേ എന്നോടങ്ങ് ഇടപെടണമേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ മറ്റു പല സഭകളിലും അവിടെയുള്ള ഈ പ്രവചനം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ യഥാർത്ഥത്തിൽ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നോട് ഇടപെടണമേ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് തൊട്ട് നീ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ നീ കുറച്ചുകൂടെ എന്നോട് അടുക്കുവാനായിട്ടുണ്ട് എന്ന് പറയുന്ന വചനങ്ങൾ നമുക്കേക്കുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് വിളിച്ചു ലഭിക്കുകയും നാം ദൈവവും ഭാഗ്യം നമ്മേത്തന്നെ നാം മനസ്സാന്തരപ്പെടുകയും ചെയ്യുക അതാണ് ദൈവത്തിൻ്റെ പ്രവചന വാക്യങ്ങളെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ മധ്യത്തിൽ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മെ തന്നെ ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പാവബോധമുണ്ടാകുന്നു നമുക്ക് അനുതാപമുണ്ടാകുന്നു അപ്പോൾ നമുക്ക് നമ്മളാ വചനം കേട്ട് ഇവിടെ മീറ്റിങ്ങിലിരിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ മധ്യത്തിലുണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നല്ലോ ദൈവം എന്നോട് ഇടപെടുന്നല്ലോ ദൈവം എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നല്ലോ എന്നുള്ള ബോധ്യം മീറ്റിങ്ങിന് വരുന്നവർക്കുണ്ടാവും ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രവചന ശുശ്രൂഷ എന്ന് പറയും അപ്പോൾ ഞാനും ചിന്തിക്കരുത് ഞാനും ഇന്നിവിടെ വന്നിരുന്നപ്പോൾ ഞാനും എൻ്റെ ഹൃദയത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളിലൊക്കെ ഭൗതികമായ ചില തീരുമാനങ്ങളെടുത്ത് ഭൗതികമായിട്ട് ഇന്ന കാര്യം ഞാൻ എനിക്ക് എനിക്ക് ലഭിച്ച എൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യണം ആ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഈയിടെ ചില വാങ്ങലും വിൽക്കലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഇടപെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു കർത്താവേ എനിക്ക് ലഭിച്ച ഈ കാര്യങ്ങളെ ഈ രീതിയിൽ ഞാൻ ഇന്നത് ചെയ്യണം ദൈവനാമോഹത്വത്തിന് വേണ്ടി ഈ കാര്യം ഇങ്ങനെ ഉപയോഗിക്കണം അത് ഞാനിങ്ങനെ വിട്ടുകൊടുക്കണം അത് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഉള്ളത്തിൽ ചിന്തിച്ച് ആ അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു ഒരു നിറവിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രവൃത്തിക്ക് ഞാൻ നീ ചെയ്യുന്ന കാര്യം നീ എൻ്റെ മനസ്സിലുള്ള നിൻ്റെ നിർണയത്തിനപ്പുറത്ത് നിനക്കുള്ള ദൈവത്തോടുള്ള സ്നേഹം നിനക്ക് നീ എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം അതിനെ ഒരു ഇമോഷണൽ സെൻറ്റിമെൻ്റലായിട്ടല്ലാതെ പ്രായോഗികമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ പാപബോധം എനിക്ക് കൂടുതൽ വരുന്നുണ്ട് എത്രമാത്രം ഞാൻ കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഞാനിവിടെ ഇരുന്നപ്പോൾ എനിക്ക് ചിന്തിക്കാനും എനിക്ക് മാനസാന്തരപ്പെടുവാനായിട്ടുള്ള പല മേഖലകളെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാനും കഴിഞ്ഞു എന്നുള്ളതിന് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റും ഇന്ന് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ നമ്മളാരും ഒരു വലിയ സാധാരണഗതിയിൽ വലിയൊരു ഗ്രോസ് എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന തരത്തിൽ വലിയൊരു കാര്യത്തിലല്ല നമ്മൾ ചെന്ന് പെട്ടുപോകുന്നത് എന്നാൽ നമുക്ക് പലപ്പോഴും നമ്മെക്കുറിച്ച് വെളിച്ചം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മിനിസ്ട്രിയിലും ഒക്കെ ഇടപെടുന്ന ആളുകൾ ഞങ്ങളൊക്കെ എങ്ങനെ മറ്റുള്ളവരോട് പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് എനിക്ക് എന്നെക്കുറിച്ച് വെളിച്ചം ലഭിക്കുക നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ വായിച്ച എഫ് എസ് എഫ് എസ് ഒ സഭയ്ക്ക് അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തായിരുന്നു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ അവരുടെ പ്രവൃത്തികൾ അവരുടെ നല്ല കാര്യങ്ങൾ അത് അവരുടെ തലയ്ക്ക് പിടിച്ചു അപ്പോൾ അവരുടെ ഞാൻ പ്രവൃത്തി പ്രയത്നം സഹിഷ്ണുത പിന്നെ അതുപോലെ തന്നെ ഡിസേൺമെൻറ്റ് എത്രത്തോളം ഡിസേൺമെൻറ് ഉള്ളവരാണ് അവർക്ക് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ വിവേചിച്ച് അറിയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു രണ്ടാമത്തെ വാക്യം അപ്പോൾ ഇതെല്ലാം കർത്താമിൻ്റെ നാമനിമിത്തം നീ സഹിച്ചു തളർന്നു പോകാതെ അധ്വാനിച്ചു ആ കാര്യം ചെയ്യുന്നു ഈ കാര്യം ചെയ്യുന്നു അപ്പോൾ തങ്ങൾ ചെയ്ത ഈ പ്രവൃത്തികൾ തങ്ങളുടെ അധ്വാനം തങ്ങളുടെ ആത്മീയത തങ്ങളുടെ ഉള്ളത്തിലെ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുത്ത അല്ലെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ തീരുമാനം ആ തീരുമാനം ഈ കാര്യങ്ങളൊക്കെ അത് അവർക്കൊരു ബലമായി തീർന്നു അത് അവരുടെ അവർക്ക് ഒരു ശക്തിയായി തീർന്നു അവർക്ക് ഞാൻ ആരാണ് ഞാൻ ഇന്നാണ് ഞാൻ വലിയ ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ ആത്മീയത എൻ്റെ ഈ ആത്മീയമായിട്ടുള്ള എൻ്റെ ഈ കാഴ്ചപ്പാട് അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ മനസ്സും ചിന്തയും ഈ കാര്യത്തെക്കുറിച്ച് ധ്യാനിച്ച് അവർക്ക് അവരുടെ കുറവിനെ കാണാനായിട്ട് പറ്റിയില്ല അവർക്ക് അവരുടെ കുറവിനെ കാണുവാനായിട്ട് പറ്റിയില്ല ഞാൻ ദൈവ ദൈവജനത്തിൻ്റെ മുൻപാകെ ഇന്നലെ ഞാൻ ഇതെപ്പോൾ ലൂക്കോസ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഓടിച്ച് നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഈ ഒരു എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചില നിർണയങ്ങളൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കൂടെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തൊട്ടടുത്തൊരു ഒരു വിധവയെക്കുറിച്ച് പറയും ഒരു വിധവ അവൾക്കുള്ളത് അവൾക്കുള്ള രണ്ട് വെള്ളിക്കാശ് അവൾ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു അവൾ കൊണ്ടു വന്നത് അവളൊരു പ്രവൃത്തിക്ക് അപ്പുറത്ത് അവളുടെ ഹൃദയവുമായിട്ടാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നത് അവൾക്ക് അവൾക്കുള്ളതിനെ അവളുടെ സ്നേഹം അവളുടെ ഏറ്റവും മെച്ചമായതിനെ ഏറ്റവും നല്ലതിനെ നമ്മൾ പാടിയപ്പോൾ ദ ബെസ് ദൻ ബ്രിങ് നമ്മൾ ദൈവത്തോട് അങ്ങനെയാണ് നമ്മളൊരു കുറച്ച് പാടിയത് കർത്താവേ എൻ്റെ ഏറ്റവും നല്ലതിനെ ഞാൻ എൻ്റെ എന്നുള്ള രീതിയിൽ കർത്താവിനോടുള്ള സ്നേഹം ആ രീതിയിൽ ഞാൻ അത് എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഞാൻ പല കാര്യങ്ങൾ ബാഹ്യമായിട്ട് കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ചില കാര്യങ്ങൾ സമയമെടുത്ത് ആ കാര്യം ചെയ്യുന്നു ചില മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചില എഴുത്ത് കുത്തുകൾ നടത്തുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വരുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ആ നീ ചെയ്ത് കൊള്ളാം അല്ലെങ്കിൽ നീ എടുത്തിരിക്കുന്ന തീരുമാനം കൊള്ളാം അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവേ എനിക്ക് എന്നെക്കുറിച്ചുള്ള വെളിച്ചം എൻ്റെ കുറവുകളെ കാണുവാനുള്ള ആ കാഴ്ച എനിക്കത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്കതൊരു ഉൾക്കാഴ്ച എനിക്കത് കൂടുതലായിട്ട് ലഭിക്കുവാനിടയായി നമുക്കിന്ന് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റിനും നമുക്ക് കേൾക്കാത്ത പല ദൈവവചനങ്ങൾ നാം ഇവിടെ നാം കേൾക്കുമ്പോൾ നമ്മൾ പല ചില മീറ്റിങ്ങുകൾ കഴിയുമ്പോഴും മീറ്റിംഗ് കഴിഞ്ഞു ഒരു ബ്രദറ് സംസാരിച്ചു ഉടനെ അടുത്ത ബ്രദർ സംസാരിച്ചു ഉടനെ മൂന്നാമതൊരു സം ബ്രദർ അദ്ദേഹം എഴുന്നേറ്റു വേറെ ഒരു പുതിയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പുതിയ പ്രസംഗം നമ്മൾ പ്രസംഗിച്ചു എന്നാൽ അതിനപ്പുറത്ത് ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ദൈവം അവിടെയുണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നല്ലോ ദൈവം ചിലത് വിരൽ ചൂണ്ടിക്കൊണ്ട് എന്നോട് ചില കാര്യങ്ങൾ പറയുന്നല്ലോ കർത്താവേ ഞാനിവിടെ അനുത വയ്ക്കട്ടെ ഞാനിവിടെ മനസ്സാന്തരപ്പെടട്ടെ ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു വാക്യത്തെ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരാമർശിക്കുകയുണ്ടായി രണ്ടുപുരുന്ന പതിനൊന്നാം അധ്യായം അവിടെ രണ്ടാം വാക്യം അവിടെ കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു വളരെ കർത്താവിൻ്റെ ഉള്ളത്തിൽ വളരെ താല്പര്യമുണ്ട് നമ്മൾ പെണ്ണുകെട്ടിൻ്റെ ഇടയിൽ കല്യാണം പറന്നുപോയരുത് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിനോടുള്ള ഒരു അടുപ്പം അവിടെ പറയുന്ന ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ രണ്ടാം മൂന്നാം വാക്യത്തിൽ പറയുന്നു എന്നാൽ സർപ്പം ഹവയ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ക്രിസ്തുവിനോടുള്ള നിർമ്മലത അത് വിട്ട് എൻ്റെ ഹൃദയം അവിടെ നേരത്തെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത് ഈ പ്രവൃത്തികളൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ആദ്യ സ്നേഹം കുറഞ്ഞപ്പോൾ അതിനെ ഒരു വീഴ്ചയായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നീ വീണു നീ എവിടെ നിന്ന് കർത്താവേ എനിക്കും ഞാൻ വീണിരിക്കുന്ന കർത്താവെ എനിക്ക് ഈ വീണെടുത്തതെന്ന കർത്താവെ എന്നെ എഴുന്നേൽപ്പിക്കണം ഇവിടെ ഇതാ ആ സ്നേഹം കുറഞ്ഞതിനെ വഷളത്വം എന്ന് പറയുന്നു നിങ്ങളുടെ ഹൃദയം വഷളായിപ്പോകുമോ വഷളായി പോകുമോ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് അത് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നമുക്ക് ഈ നാളുകളിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു ഈ ഒരു ഭയം ഈ ഒരു താല്പര്യം കർത്താവേ എനിക്ക് അങ്ങയോടുള്ള ഏകാഗ്രത അങ്ങയോടുള്ള നിർമ്മലത അതിൽ ഞാൻ വളരണം എന്നെ സഹായിക്കണമേ കർത്താവെ എൻ്റെ കുറവിനെ ഞാൻ കാണുന്നു അങ്ങേലുള്ള ആശ്രയം എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ ഊന്നൽ അതിനപ്പുറത്ത് അങ്ങേലാശ്രയിക്കുന്ന ഒരു ജീവിതം അതാണ് കർത്താവ് അങ്ങയോടുള്ള എൻ്റെ അടുപ്പത്തിൻ്റെ തെളിവ് അതിന് പലപ്പോഴും നമ്മൾ കുറേ സെൻറ്റിമെൻറ്റലായിട്ട് ഞാൻ എനിക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വാക്കുകളിൽ ഒക്കെ ഞാൻ യേശുവിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരാളിനെ പോലെ നമ്മൾ സംസാരിക്കുന്നു പക്ഷെ എനിക്ക് എന്നെ കൂടുതൽ പാപബോധം ഉണ്ടാവുന്നില്ല കൂടുതൽ എനിക്കൊരു വെളിച്ചം ലഭിക്കുന്നില്ല എനിക്ക് അനിതാപം ഉണ്ടാവുന്നില്ല ഞാൻ എൻ്റെ നിസ്സഹായത കണ്ട് ഞാൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് അത് വഷളായി പോവുകയാണ് നമ്മൾ ഒന്ന് പുരന്തീർ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതും സ്നേഹത്തെക്കുറിച്ച് ഉള്ള ഒരു അധ്യായമാണ് അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഉള്ള അധ്യായത്തിലും അവിടെ എന്തൊക്കെ ഒത്തിരി വരങ്ങളുള്ള വ്യക്തി വളരെയധികം പ്രവൃത്തികളുള്ള വ്യക്തി വരങ്ങൾ പ്രവൃത്തികളും നിറഞ്ഞ പ്രവചന വരമുണ്ട് മറ്റ് പല വരങ്ങളുണ്ട് അപ്പോൾ അതിനപ്പുറത്ത് ഉള്ളതെല്ലാം അന്നദാനം ചെയ്യാനായിട്ട് തയ്യാറാവുന്നു മൂന്നാം വാക്യം അതുമാത്രമല്ല ശരീരം ചുടുവാനേൽപ്പിക്കുന്നു എന്നാൽ സ്നേഹം അതിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പോൾ അവിടെ പറയുന്നു സ്നേഹമില്ല അത് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ സ്നേഹമില്ല ഞാൻ ഏതുമില്ല സ്നേഹമില്ല മൂന്നാം വാക്യം എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല അപ്പം ആദ്യത്തെ ആ മൂന്ന് വാക്യങ്ങളിൽ ആ ഒരു വിശേഷണം ശ്രദ്ധിക്കുക സ്നേഹമില്ല ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ രണ്ടാം വാക്യം സ്നേഹമില്ല ഞാൻ ഏതുമില്ല മൂന്നാം വാക്യം സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല ഞാൻ എൻ്റെ പ്രവൃത്തിയുണ്ട് ചുടുവാനേൽപ്പിക്കുന്നു അന്നദാനം ചെയ്യുന്നു ഞാൻ ആത്മീയ പ്രവൃത്തികളിൽ ഞാൻ വ്യാപരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചുള്ള ബലം എന്നാൽ അതിനപ്പുറത്ത് ഇതിപ്പോൾ ഇപ്പം നമ്മൾ കേട്ടതിനോട് ബന്ധത്ത് ദൈവവുമായ ബന്ധത്തിൽ ഞാൻ സ്നേഹത്തിലല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സൗരി സൗരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹത്തിലല്ല എങ്കിൽ അത് ഏതുമില്ല അതൊരു മനുഷ്യന് മുമ്പിൽ ഒരു ഷോ മാത്രമാണ് അതാണ് ചിലം മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അന്നത്തെ പരീശന്മാർക്ക് അതായിരുന്നു അവരുടെ പ്രശ്നം അവർ അവർ നിറഞ്ഞിരിക്കുന്നവരായിരുന്നു യേശു പറഞ്ഞ ഒരു കാര്യത്തിലും അവർക്ക് അവർക്ക് അവരെക്കുറിച്ചൊരു വെളിച്ചവും ലഭിച്ചില്ല എന്നാൽ ആ ചുങ്കക്കാരൻ ചുങ്കക്കാരന് തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവനായി അവൻ കുറവുകളെ കുറിച്ച് ബോധ്യമുള്ളവനായി അവൻ്റെ മാറത്ത് അടിച്ചുകൊണ്ട് പാപിയായ എന്നോട് പാപിയായ എന്നോട് കരണ തോന്നണമേ നമുക്ക് പ്രിയമുള്ളവരെ അത് ആഗ്രഹിക്കാം കഴിയുമ്പോൾ കർത്താവെ എന്നിലുള്ള പാപബോധം വർധിച്ചു വരണം കർത്താവെ ഞാൻ എനിക്ക് എന്നിലുള്ള കോൺഫിഡൻസ് എന്നിലുള്ള എന്നിൽ തന്നെയുള്ള വിശ്വാസം അത് കുറഞ്ഞു വരണം കർത്താവെ എനിക്ക് ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ വേണ്ടുമണ്ണം നല്ലൊരു ഭർത്താവാനെനിക്ക് ആയിരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല നല്ലൊരു പിതാവായിരിക്കുവാൻ കർത്താവെ എനിക്ക് കഴിയുന്നില്ല സഭയിൽ കർത്താവെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിസ്സഹായനാണ് എനിക്ക് സഹായം ആവശ്യമാണ് കർത്താവ് ഞാൻ അങ്ങനെ ചാരുന്നു ഞാനങ്ങിൽ ആശ്രയിക്കുന്നു നമുക്കങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് കൂടുതൽ കർത്താവിൽ ആശ്രയിക്കുവാനും കൂടുതൽ നമുക്ക് വെളിച്ചം ലഭിക്കുന്നവരായിരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ എന്ത് നമ്മുടെ ജീവിതത്തിലുള്ള ത്യാഗവും എന്ത് നമ്മളിതുവരെ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്ന് അവിടെ വച്ചിട്ട് നമുക്ക് പറയുക കർത്താവ് നമ്മെ സ്നേഹിച്ച കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ നൽകി കർത്താവ് നമ്മെ വീണ്ടെടുത്ത കർത്താവിൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മളൊന്നും നമുക്കൊന്നും ചെയ്യുവാനും കഴിയില്ല എന്നാൽ ഈ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവെ അങ്ങ് എന്നെ വിളിച്ചത് അങ്ങയുടെ സ്വഭാവത്തിന് അനുരൂപനാകുവാനാണ് എനിക്ക് കർത്താവെ കൂടുതൽ എൻ്റെ സ്വഭാവത്തിന് അനൂപനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് കർത്താവെ ആ വഴിയെ പോകണം അതിന് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വെളിച്ചം കിട്ടണം എൻ്റെ നിസ്സഹായത ഞാൻ കാണണം എൻ്റെ ഉള്ളിൽ കർത്താവെ ആ രീതിയിലൊരു കരച്ചിൽ എനിക്ക് ഉണ്ടാവണം അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ഓരോ സാഹചര്യത്തിൽ പല സാഹചര്യങ്ങൾ ദൈവം നമുക്ക് വെളിച്ചം തരും നമ്മുടെ നിസ്സഹായത നമ്മൾ കാണും നമ്മളെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങും നമുക്ക് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം പോലും അത് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഒക്കെ വെച്ച് കാണുമ്പോൾ അതെത്ര തുലവും എത്ര നിസ്സാരമാണ് നമ്മൾ കാണും നമ്മുടെ സ്നേഹത്തിൻ്റെ കുറവിനെ നമ്മൾ കാണും നമുക്ക് ആ രീതിയിൽ ഈ വഴിയിൽ നമുക്ക് സ്നേഹത്തിൻ്റെ കർത്താവിൻ്റെ മാറോട് ചേർന്ന് കർത്താവിനെ പിൻപറ്റുന്ന ആ ജീവിതം നമുക്ക് കൂടുതൽ ആഗ്രഹിക്കാം നമുക്ക് കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ എനിക്ക് കൂടുതൽ വെളിച്ചം നമ്മളൊക്കെ പെട്ടെന്ന് നമ്മുടെ ഞാൻ ഈ കാര്യം ഞാൻ അന്ന് അന്ന് ഞാൻ ക്ഷമചോദിച്ചു അന്ന് ഞാൻ നിരപ്പ് ആ കാര്യം ഞാൻ ചെയ്തു അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളിലാണ് നമ്മുടെ പ്രശംസ നമ്മൾ കണ്ടെത്തുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കൂടുതൽ വെളിച്ചം ലഭിക്കുകയും നമുക്ക് ഈ വഴിയെ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ കാണാം